ദൈവനാമത്തിൻ്റെ മഹത്വം നമുക്ക് ദൈവജനത്തിലേക്ക് നമുക്ക് വീണ്ടും വരാം പ്രിയസഹോദരൻ മുപ്പത്തി ഏഴാമത്തെ സങ്കീർത്തനത്തിൽ നിന്നാണല്ലോ സംസാരിച്ചു വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് പറഞ്ഞത് ദൈവത്തോടുള്ള വളരെ അടുത്ത ഒരു ബന്ധം മറ്റ് പല കാര്യങ്ങൾ കണ്ടിട്ട് ഹൃദയം മുഷിഞ്ഞു പോകാതെ കോപിച്ചു പോകാതെ ഇടറിപ്പോകാതെ ദൈവത്തിൽ തന്നെ സ്ഥിരമായിരിക്കേണ്ട കാര്യത്തെക്കുറിച്ചാണ് പ്രിയ സഹോദരനെ സംസാരിച്ചത് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണിത് ദാവീദിൻ്റെ സങ്കീർത്തനം ദാവീദ് പഴയ നിയമ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരാളാണെങ്കിലും പുതിയ നിയമ കാലഘട്ടത്തിൻ്റെ ഒരു ആത്മാവ് കൈയാളിയിരുന്ന ഒരാളാണ് എന്ന് നമുക്കറിയാമല്ലോ ഇവിടെ നോക്കുക നമ്മൾ മുപ്പത്തിയേഴാമത്തെ സങ്കീർത്തനത്തില് പ്രിയ സഹോദരൻ വായിച്ച ആ കാര്യം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം എന്നാൽ സൗമ്യത ഭൂമിയെ കൈവശമാക്കും കർത്താവായ യേശു അവിടുന്ന് പർവ്വത മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാമധ്യാദിൻ്റെ അഞ്ചാമത്തെ വചനമായിട്ട് ഇതേ കാര്യം തന്നെയാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത് കർത്താവ് ചെറുപ്പം മുതൽ തന്നെ തിരുവഴുത്തുകൾ ആ നിലയിൽ ആരാഞ്ഞ് നോക്കി നോക്കുകയും അതിൽ നിന്ന് പുതിയ ഉടമ്പടിക്ക് പ്രസക്തമായ പല കാര്യങ്ങളും താൻ എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട് കർത്താവ് പറഞ്ഞ ചില കാര്യങ്ങൾ പഴയ നിയമത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും ചെവിയുള്ളവൻ കേൾക്കട്ടെ കണ്ണുള്ളവൻ കാണട്ടെ എന്ന് പറയുന്ന ആ പ്രയോഗം കഴിഞ്ഞൊരു ദിവസം ഞാൻ പഴയ നിയമത്തിൽ രമ്യാവിൻ്റെ പുസ്തകത്തിൽ കാണാനിടയായി അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന കർത്താവ് ഓരോ പ്രസംഗവും കഴിഞ്ഞിട്ട് അവസാനിപ്പിക്കുന്ന ഈ ചെറിയ പ്രയോഗം ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നുള്ളത് പോലും താന് തിരുവഴുത്തിലെ പലയിടത്തുനിന്ന് എടുത്തിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറഞ്ഞതുപോലെ കർത്താവ് തൻ്റെ പർവ്വത പറഞ്ഞിട്ടുള്ള ഒരു കാര്യം സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കുമെന്ന് പറഞ്ഞത് ദാവീദിൻ്റെ ഈ സങ്കീർത്തനത്തിൽ നിന്ന് താന് എടുത്ത് ഇട്ടുള്ളതാണ് അത് കാണിക്കുന്നത് ഒരു പുതിയ ഉടമ്പടിയുടെ ആത്മാവുള്ള ഒരാളാണ് ദാവീദ് എന്നാണ് കാണിക്കുന്നത് ഭൂമിയെ കൈവശമാക്കുക പ്രിയപ്പെട്ടവർ നമുക്കൊക്കെ നമ്മുടേതായ ഒരു ഭൂമിയുണ്ട് ഏത് ഭൂമിയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭൂമിക ഏ നമ്മൾ നമ്മുടെ വീട് നമ്മളിടപെടുന്ന സ്ഥലം നമ്മുടെ ചുറ്റുപാടുകൾ നമ്മളെ അറിയാവുന്ന ആളുകൾ നമ്മുടെ സ്വാധീനം കൊടുക്കാവുന്ന മേഖലകൾ ഈ ഒരു സ്ഥലമാണ് നമ്മുടെ ഒരു ഭൂമി എന്ന് പറയാവുന്നത് ഇംഗ്ലീഷിൽ പറയുന്ന കോൺസ്റ്റി അതായത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന് നിൽക്കുന്ന ആളുകളെ കുറിച്ച് പറയുമല്ലോ അവർക്കെന്തുണ്ട് അവർക്കൊരു മണ്ഡലം ഉണ്ടെന്ന് പറയും ഏത് മണ്ഡലത്തെയെന്നാണ് നിൽക്കുന്നത് ഇന്ന് കുടമാളൂർ മണ്ഡലത്തെയാണ് നിൽക്കുന്നത് നിയോജ ഇവിടെ മണ്ഡലം ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞു ഇവിടെ നിയോജക മണ്ഡലത്തേന്നാണ് നിൽക്കുന്നതെന്ന് പറയും എന്ന് പറഞ്ഞതുപോലെ നമുക്കൊക്കെ സത്യത്തിൽ നമ്മളാരും തിരഞ്ഞെടുപ്പിന് നിൽക്കുന്നില്ലെങ്കിലും നമുക്കൊക്കെ എന്തുണ്ട് നമ്മുടേതായ ഒരു നിയോജക മണ്ഡലമുണ്ട് നമ്മുടേതായ ഒരു മണ്ഡലമുണ്ട് നമ്മളെ അറിയുന്നവർ നമുക്ക് സ്വാധീനിക്കാൻ കഴിയുന്നവർ നമ്മെ നോക്കുന്നവർ നമ്മൾ നിത്യം ഇടപെടുന്നവർ ഒക്കെയായ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി നമുക്കുണ്ട് നമുക്കുണ്ട് നമുക്കുണ്ട് ഇതാണ് നമ്മുടെ ഭൂമി അല്ലാതെ ഓസ്ട്രേലിയയിലും അമേരിക്കയിലും ഉള്ള ഒരാൾ അവരൊക്കെ ഈ ഭൂമിയുടെ ഭാഗമാണെങ്കിലും അത് നമ്മുടെ ഭൂമിയാണ് എന്ന് പറയാനായിട്ട് കഴിയുമില്ല നമുക്ക് ഇടപെടുന്ന നമ്മുടെ ഒരു ഭൂമി ആ ഭൂമിയെ കൈവശമാക്കണമെന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എങ്ങനെ നമുക്കത് കൈവശമാക്കാനായിട്ട് കഴിയും സൗമ്യതയുണ്ടെങ്കിൽ നമുക്കത് കൈവശമാക്കാനായിട്ട് കഴിയും എന്താ ഈ സൗമ്യത നമുക്ക് കർത്താവായ യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം നമുക്കറിയാം കർത്താവ് പറഞ്ഞു എന്താ പറഞ്ഞത് ഈ എന്നിൽ നിന്ന് പഠിക്കാനായിട്ട് കർത്താവ് പറഞ്ഞു തൈ എഴുതിയ സുശേഷം അതിൻ്റെ പതിനൊന്നാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതേ കാര്യം കാണുന്നുണ്ട് ഇരുപത്തി ഒൻപതാമത്തെ വാക്യം ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ മുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും കണ്ടോ കർത്താവിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ് സൗമ്യത ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പി കർത്താവിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ് സൗമ്യത ഇവിടെ സൗമ്യത തന്നെയല്ലോ ഇരുപത്തൊൻപതാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ ഇപ്പം നമ്മൾ വായിച്ച മൊത്തം എഴുതം പതിനൊന്നിൻ്റെ ഇരുപത്തൊൻപത് നോക്കുമ്പം സൗമ്യത മാത്രമല്ല സൗമ്യതയും താഴ്മയും എന്തു ഈ സൗമ്യതയും താഴ്മയും അത് രണ്ടും ഒന്നാണോ നമ്മൾ പലപ്പോഴും സൗമ്യത അവൻ ആൾ വളരെ സൗമ്യനാണ് താഴ്മയുള്ളവനാണ് എന്ന് പറയുമ്പോൾ എന്താ ഈ താഴ്മയും സൗമ്യതയും തമ്മിൽ എന്താ ബന്ധം രണ്ടും ഒന്നാണോ രണ്ടും രണ്ടാണോ രണ്ടും തമ്മിൽ ഏതെങ്കിലും ബന്ധമുണ്ടോ നമുക്ക് പലപ്പോഴും ഒരു വ്യക്തതയില്ല എന്നാൽ വളരെ വേഗത്തിൽ ഞാനിങ്ങനെ പറയാം താഴ്മയുള്ള ഒരാളുടെ പെരുമാറ്റത്തിൽ പ്രകടമാകുന്നതാണ് സൗമ്യത എന്ന് പറയും അതായത് ചില നിർവചനങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ കൂടുതലത് കോംപ്ലിക്കേറ്റഡ് ആയി പോകുന്ന പോലെ ആയിപ്പോയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതായത് നമുക്ക് ശരിക്കും താഴ്മയെന്ന് പറയുന്നത് എന്താ താഴ്മയെന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന ഒരു കാര്യം താഴ്മയെന്ന് പറയുന്നു താഴ്മ ഹ്യൂമിലിറ്റി താഴ്മ ഹൃദയത്തിലുള്ള കാര്യം ഈ താഴ്മയുള്ള ഒരാൾ മറ്റുള്ള ആളുകളുമായിട്ട് ഇടപെടുമ്പോൾ പ്രതിഫലിക്കുന്ന ഒരു കാര്യമാണ് സൗമ്യത സൗമ്യത നമുക്ക് പലപ്പോഴും താഴ്മയില്ലാതെ സൗമ്യത കാണിക്കുന്ന ഒരു ലോകമാണ് ഇവിടെ മന്ത്രി കാറേ വന്നിറങ്ങി ഗാന്ധി ജയന്തി ദിവസത്തിൽ തെരുവീതി തൂത്ത് വൃത്തിയാക്കുന്നു വളരെ സൗമ്യമായ ഒരു പെരുമാറ്റം അല്ലേ വളരെ പക്ഷേ അദ്ദേഹം ഒരു അഞ്ച് മിനിറ്റ് ആ പരിപാടി ചെയ്തേച്ച് അദ്ദേഹം വണ്ടിയെ കയറി പോകുമ്പോൾ ഉള്ളിലൊരു താഴ്മയില്ലാതെ പോലും നമുക്കെന്ത് കാണിക്കാം സൗമ്യത കാണിക്കാം ഇന്ന് പലരും രാഷ്ട്രീയക്കാരുമൊക്കെ തൊഴുത് വളരെ എത്ര സൗമ്യം എന്ന് നമ്മൾ വിചാരിക്കും പെരുമാറ്റത്തിൽ സൗമ്യത വരാം പക്ഷെ ഉള്ളിൽ താഴ്മയില്ലാതെ സൗമ്യത കാണിക്കാനായിട്ടൊക്കും എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ വേണ്ടത് എന്താ നമ്മുടെ ഉള്ളിലുള്ള താഴ്മത താഴ്മയ്ക്ക് ആനുപാതികമായിട്ടാണ് നമുക്ക് പെരുമാറ്റത്തിൽ സൗമ്യത കാണിക്കാവുന്നത് അല്ലാതെ രാഷ്ട്രീയക്കാരെ പോലെ നമ്മളൊരു മുഖംമൂടി ഇട്ട് നിൽക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല കർത്താവിൽ നിന്ന് നമ്മൾ പഠിക്കാൻ പറഞ്ഞേക്കുന്നത് ഒന്നാമത് നമ്മൾ താഴ്മ പഠിക്കണം താഴ്മ ഞാൻ എന്താണ് ഈ കാര്യത്തെക്കുറിച്ചൊരു വ്യക്തത ഒരു താഴ്മ നമ്മളെ ആക്കിയിരിക്കുന്നിടത്ത് ദൈവത്തോടുള്ള ബന്ധത്തിൽ ആ താഴ്മ നമ്മൾ ഫിലിപ്പിലേഖനത്തിൽ കർത്താവിൻ്റെ താഴ്മയെക്കുറിച്ച് വായിക്കുന്നുണ്ടല്ലോ ഫിലിപ്പിലേഖനം രണ്ടാമധ്യായത്തിലാണ് അത് വായിക്കുന്നത് കർത്താവ് ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ താൻ താഴ്ത്തി തന്നെ താൻ താഴ്ത്തി താഴ്ത്തി താഴ്മയുടെ ഏഴ് പടികൾ കർത്താവ് ഇറങ്ങി വന്നു ഇങ്ങനെ താഴ്മയുള്ളവനായതുകൊണ്ട് ഹൃദയത്തിൽ താഴ്മയുള്ളവനായതുകൊണ്ട് കർത്താവിൻ്റെ പെരുമാറ്റത്തിൽ സൗമ്യത പ്രതിഫലിച്ചു അല്ലാതെ അതൊരു ഒരു കർത്താവൊരു അഭിനയമായിരുന്നില്ല പി മുൻപിൽ എതിർപ്പുകളുടെ മുമ്പിൽ പലതരത്തിലുള്ള തന്നെ വിഷമിപ്പിക്കുന്ന ആളുകളുടെ മുമ്പിലൊക്കെ കർത്താവ് എന്ത് ചെയ്തു വളരെ സൗമ്യതയോടെ വിനയത്തോടെ സൗമ്യതയോടെ പെരുമാറി എങ്ങനെയാണ് കർത്താവിനങ്ങനെ പെരുമാറാൻ പറ്റിയത് പെരുമാറാൻ പറ്റിയത് തൻ്റെ ഉള്ളിൽ യഥാർത്ഥത്തിൽ താഴ്മ ഉള്ളത് കൊണ്ടാണ് ആ ഒരു ഒരു പ്രതിസന്ധി വന്നപ്പം തൻ്റെ പെരുമാറ്റത്തിൽ സ്വാഭാവികമായിട്ട് ആ സൗമ്യത പ്രതിഫലിക്കുക ചെയ്തു പ്രിയപ്പെട്ടവർ ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞു പോയത് കൊണ്ട് കർത്താവിൽ നിന്ന് ഈ രണ്ട് കാര്യവും നമ്മൾ പഠിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പഠിക്കേണ്ടത് ആദ്യം നമ്മൾ സൗമ്യതയല്ല പഠിക്കേണ്ട ആദ്യം പഠിക്കേണ്ടത് എന്താ താഴ്മയാണ് പഠിക്കേണ്ടത് ഹൃദയത്തിൽ താഴ്മ ഹൃദയത്തിൽ താഴ്മയുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റുള്ളവരെ ദുഷ്പ്രവർത്തിക്കാർ ഇപ്പോൾ കേട്ടല്ലോ നമ്മൾ മുപ്പത്തേഴാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പം ദുഷ്പ്രവർത്തിക്കാരും നീതി കേട് പ്രവർത്തിക്കുന്നവരും ഒക്കെ വരുമ്പം അവരുടെ മുമ്പിൽ നമ്മളെന്ത് ചെയ്തുകയില്ല വിനയം വിട്ട് സൗമ്യത വിട്ട് പെരുമാറുകയില്ല നമ്മൾ ഹൃദയത്തിൽ താഴ്മയുള്ളവരാണെങ്കിൽ കർത്താവിൽ നിന്ന് തന്നെ പഠിക്കേണ്ട കാര്യമാണ് അങ്ങനെ താഴ്മയും സൗമ്യതയും നമുക്കുണ്ടെങ്കിൽ ആ താഴ്മയും സൗമ്യതയും കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഭൂമിയെ അവകാശമാക്കാനായിട്ട് കഴിയും ഭൂമിയെ അവകാശമാക്കാൻ കഴിയും നമ്മളായിരിക്കുന്ന ഭൂമി ഏഹ് നമ്മളായിരിക്കുന്ന ഓഫീസ് നമ്മളവിടെ ഒരു വലിയ ഒരാളൊന്നും പക്ഷേ ചില കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ അവിടെ കലങ്ങി മറിയുമ്പോൾ എല്ലാവരും നമുക്ക് ഇന്ന ആളോടൊന്ന് ചോദിക്കാം നമ്മളവിടെ ഒരു ഒരാളുമല്ല ഒരു അങ്ങനെ അതിൻ്റെ അകത്തൊരു ഇടപെടേണ്ട ആളൊന്നുമല്ല പക്ഷേ ആളുകൾ വന്ന് എങ്ങനെയാ അതെങ്ങനെയാണ് സംഭവിക്കുന്നത് സൗമ്യതയുള്ള നമ്മൾ പതുക്കെ ആ ഭൂമിയെ കൈവശമാക്കുക ചെയ്യുന്നത് സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ഭൂമിയെ കൈവശമാക്കും അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും പതിനൊന്നാമത്തെ വാക്യം ഈ സങ്കീർത്തനം നമ്മൾ ശ്രദ്ധിച്ചു വായിച്ചാൽ ഒരു അഞ്ച് ഭാഗങ്ങളിൽ ഭൂമിയെ കൈവശമാക്കുക ഭൂമിയെ കൈവശമാക്കുക എന്ന പ്രയോഗം നമുക്ക് കാണാനായിട്ട് കഴിയും മുപ്പത്തേഴാം സങ്കീർത്തനം അതിൻ്റെ ഒന്നാം ഒൻപതാമത്തെ വാക്യം കണ്ടോ ഒമ്പതാമത്തെ വാക്യം യഹോവയെ പ്രത്യാശിക്കുന്നവരോ ഭൂമിയെ കൈവശമാക്കും പതിനൊന്നാം വാക്യം സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും അതിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം ശ്രദ്ധിച്ചോ അവനാൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ ഭൂമിയെ കൈവശമാക്കും അതിൻ്റെ ഇരുപത്തി വാക്യം നോക്കുക നീതിമാന്മാർ ഭൂമിയെ അവകാശമാക്കി എന്നേക്കും അതിൽ വസിക്കും അതിൻ്റെ മുപ്പത്തി വാക്യം കണ്ടോ യഹോവയ്ക്കായി പ്രത്യാശിച്ച് അവൻ്റെ വഴി പ്രമാണിച്ച് നടക്കുക എന്നാൽ ഭൂമിയെ അവകാശമാക്കുവാൻ അവൻ നിന്നെ ഉയർത്തും അഞ്ച് സ്ഥലങ്ങളിൽ നമ്മൾ ഭൂമിയെ അവകാശമാക്കുക ഭൂമിയെ അവകാശമാക്കുക എന്ന ഇവിടെ കണ്ടു അതിലൊരു കാര്യം മാത്രമാണ് സൗമ്യതയുള്ളവർ ഭൂമിയെ അവകാശം കൈവശമാക്കും എന്ന പതിനൊന്നാമത്തെ വാക്യമാണ് വേർ വായിച്ചത് ഒൻപത് പതിനൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തൊൻപത് മുപ്പത്തിനാല് എന്നിങ്ങനെ അഞ്ച് ഭാഗങ്ങളിൽ ഭൂമിയെ കൈവശമാക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവർ ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ എടുത്തു നോക്കുമ്പം അവിടെ പല കാര്യങ്ങളാണ് പറയുന്നത് ഒൻപതാമത്തെ വാക്യത്തിൽ ഒന്നാമത് ഭൂമിയെ കൈവശമാക്കുമെന്ന് പറയുന്നിടത്ത് യഹോവയെ പ്രത്യാശിക്കുന്നവരാണ് യഹോവയെ യഹോവയിൽ പ്രതീക്ഷയോടെ നോക്കിയിരിക്കുന്നവരാണ് ഭൂമിയെ കൈവശമാക്കുന്നത് പതിനൊന്നാമത്തെ വാക്യത്തിൽ വരുമ്പോൾ സൗമ്യത ഉള്ളവരാണ് ഭൂമിയെ അവകാശമാക്കുന്നത് ഇരുപത്തിരണ്ടിൽ വരുമ്പോൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ് ഇരുപത്തൊൻപതിൽ നീതിമാന്മാരാണ് മുപ്പത്തിനാലിൽ യഹോവയ്ക്കായി പ്രത്യാശിച്ച് അവൻ്റെ വഴി പ്രമാണിച്ച് നടക്കുന്നവരാണ് ഇതെല്ലാം പല കാര്യങ്ങളാണല്ലോ പല പല കാര്യങ്ങളാണല്ലോ പറഞ്ഞേക്കുന്നത് എന്ന് നമുക്ക് തോന്നാം അഞ്ച് അഞ്ച് ഇടത്ത് ഭൂമിയെ അവകാശമാക്കുമെന്ന് പറഞ്ഞപ്പം ആ അവകാശമാക്കുന്നവരുടെ ഗുണങ്ങൾ അഞ്ചെണ്ണമാണല്ലോ പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കാം എന്നാൽ ഈ സങ്കീർത്തനം ശ്രദ്ധിച്ച് വായിച്ചാൽ ഇതെല്ലാം സത്യത്തിൽ ഒരൊറ്റ കാര്യമാണ് യഹോവയെ പ്രത്യാശിക്കുന്നവർ എന്ന് പറഞ്ഞാൽ എന്താ യഹോവയിൽ മാത്രം തങ്ങളുടെ ശരണം വെച്ചിട്ടുള്ളവരാ അവരെ വേറെങ്ങും അവരുടെ പ്രത്യാശയില്ല കർത്താവിൽ തന്നെ ആശ്രയിച്ചിരിക്കുന്ന ആളുകളാണ് അവരാണ് ഭൂമിയെ കൈവശമാക്കുമെന്ന് ഒൻപതാം വാക്യത്തിൽ പറഞ്ഞത് സൗമ്യത ഉള്ളവർ എന്ന് പതിനൊന്നാം വാക്യത്തിൽ പറഞ്ഞപ്പം നമ്മൾ പറഞ്ഞു ആ സൗമ്യത യഥാർത്ഥത്തിൽ ആരിൽ മാത്രമാണുള്ളത് കർത്താവിലാവുള്ളത് അപ്പോൾ അതും അതിനും നമ്മൾ ആരെ ഡിപ്പെൻ്റ് ചെയ്യണം കർത്താവിനെ കർത്താവിൽ നിന്ന് തന്നെയാണ് അതും നമ്മൾ പഠിക്കേണ്ടത് മൂന്നാമത് നമ്മൾ കാണുന്ന കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ കർത്താവിനെ അനുഗ്രഹിക്കാൻ കഴിയുന്ന ഒരിടത്ത് കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവർ അങ്ങനെ ആയിരിക്കുക അവിടെയും കണ്ടോ കർത്താവിനോടുള്ള ഒരു അടുത്ത ബന്ധമാണ് അവിടെ പറയുന്നത് ഇരുപത്തൊൻപതാമത്തെ വാക്യത്തിൽ നീതിമാന്മാർ നീതിമാന്മാർ എന്നവിടെ പറയുമ്പോൾ അതിൻ്റെ തൊട്ട് മുകളിലത്തെ വാക്യം കൂടെ നമ്മൾ ചേർത്ത് ചിന്തിക്കണം യഹോവയാരാ കർത്താവാരാ കർത്താവ് നീതിമാനാ യഹോവ ന്യായപ്രിയനാകുന്നു ന്യായപ്രിയനായ ദൈവത്തോട് ആ ദൈവത്തിൻ്റെ ഗുണത്തോട് ചേർന്ന് നിൽക്കുന്നവനാണ് ഭൂമിയെ അവകാശമാക്കുന്നത് ഒടുവിലായിട്ട് വരുമ്പം ദൈവത്തിൽ വീണ്ടും പ്രത്യാശ വച്ച് ആ പ്രത്യാശയുടെ അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ വഴികളെ പ്രമാണിച്ച് നടക്കുന്നവനാണ് ഭൂമിയെ അവകാശമാക്കുന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ അഞ്ച് വ്യത്യസ്ത കാര്യങ്ങളാണെന്ന് തോന്നിയാലും ഈ ഓരോ കാര്യത്തെയും നമ്മൾ എടുത്തു നോക്കുമ്പോൾ അവനിൽ പ്രത്യാശിക്കുക അവനിൽ നിന്ന് സൗമ്യത പഠിക്കുക അവനിൽ നിന്ന് നീതി പഠിക്കുക അവന് അവനുഗ്രഹിക്കാവുന്ന സ്ഥലത്തെത്തി നിൽക്കുക അവൻ്റെ അവനോട് ചേർന്ന് നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം വന്ന് ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് എന്താണത് കർത്താവുമായിട്ട് വളരെ അടുത്ത ഒരു ബന്ധം വളരെ അടുത്ത ഒരു ബന്ധം ഒരു വ്യക്തിപരമായ വളരെ അടുത്ത ഒരു ബന്ധം അതാണ് അതുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി അലഞ്ഞു പോവുകയില്ല ഈ സങ്കീർത്തനത്തിൽ അതാ പറയുന്നത് ഈ ലോകത്ത് ഒത്തിരി കാര്യങ്ങൾ വലിയ മിടുക്കന്മാരായ ആളുകൾ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യും കണ്ടോ അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടുകയും അരുത് നീതികേടൊക്കെ ചെയ്ത് തെറ്റായ നിലയിൽ പണമൊക്കെ സമ്പാദിച്ച് വലിയ നേട്ടങ്ങളൊക്കെ ഈ ഭൂമിയിൽ കൊയ്യുന്ന ആളുകളോട് സാധാരണ ആളുകൾ അസൂയപ്പെട്ടു പോകും പക്ഷേ ദൈവത്തിൽ ശരണമുള്ള ഒരുത്തൻ എന്ത് അവനോട് അസൂയ വേണ്ട കാരണം അതിൻ്റെ തൊട്ട് താഴത്തെ വാക്യം കണ്ടോ അവർ പുല്ല് പോലെ വേഗത്തിൽ ഉണങ്ങി പച്ചച്ചെടി പോലെ വാടിപ്പോകും ഈ ഇവരീ കഷ്ടപ്പെട്ട് നീതി അന്യായമായിട്ടും ദുഷ്പ്രവൃത്തിയിലൂടെയും ഒക്കെ അത് കണ്ട് നമ്മളെന്തോ ചെയ്യേണ്ട അസൂയപ്പെടണ്ട അസൂയപ്പെടണ്ട കാര്യം ഇത് എത്ര നേരത്തേക്കേ ഉള്ളൂ ഇത് അല്പനേരത്തേക്ക് വെയിലുറയ്ക്കുന്നവരേ ഉള്ളൂ പുല്ലുപോലെ വേഗത്തിൽ ഇത് ഉണങ്ങിപ്പോകും വാടിപ്പോകും എന്നാൽ ദൈവത്തിൽ യഥാർത്ഥത്തിലുള്ള ആശ്രയമുള്ളവൻ എന്ത് പറ്റും അതിൻ്റെ തൊട്ടെ താഴെ കണ്ടോ യഹോവയിൽ ആശ്രയിച്ച് നന്മയ്യുക യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക ദൈവമെന്ന് പറയുന്നത് ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം അത് വളരെ വളരെ പേഴ്സണലാകുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് മറ്റു പലരും മറ്റു പലതിലൊക്കെ രസിക്കുകയും ഒക്കെ ചെയ്യുമ്പം ഇവിടെ ഇതാ ഭൂമിയെ യഥാർത്ഥത്തിൽ കൈവശമാക്കാൻ ദൈവം വിളിച്ച ആൾ എന്തു ചെയ്യുന്നു ദൈവത്തിൽ തന്നെ ആശ്രയിക്കുന്നു ദൈവത്തിൽ തന്നെ രക്ഷി രസിക്കുന്നു അവൻ അവൻ്റെ വഴി മുഴുവൻ ദൈവത്തെ ഫരമേൽപ്പിച്ചിരിക്കുന്നു അവനിൽ തന്നെ ആശ്രയിക്കുന്നു ചുരുക്കത്ത് ഇവനൊന്നും ചെയ്യുന്നില്ല ഇവനെന്തായാലും ചെയ്യുന്നുണ്ടോ ഇവനൊന്നും ചെയ്യുന്നില്ല എല്ലാ കാര്യത്തിലും ആരെ ആശ്രയിച്ചിരിക്കുന്നു ദൈവത്തെ ആശ്രയിച്ച് ദൈവത്തിൽ ശരണപ്പെട്ട് ദൈവത്തിൽ രസിച്ച് ദൈവത്തോടൊരു ഒരു വളരെ വ്യക്തിപരമായ വളരെ പേഴ്സണലായ വളരെ ഇൻറ്റിമേറ്റായ ഒരു ബന്ധം അതുമാത്രമേ ഇവനുള്ളൂ ബാക്കിയൊരു പ്രവർത്തനവും ഇല്ല ബാക്കി കാര്യങ്ങളെല്ലാം അവന് വേണ്ടി ചെയ്യുന്നതാരാണ് ദൈവം തന്നെയാണ് ചെയ്യുന്നു നിൻ്റെ വഴി യഹോയോരമേൽപ്പിക്കുക അവനത് നിർവഹിക്കും കർത്താവ് അത് ചെയ്തോളും പ്രിയപ്പെട്ടവർ ഈ ക്രിസ്തീയതയുടെ ആകത്തൊക്കെ എന്താണ് നമ്മളൊത്തിരി കാര്യങ്ങളെല്ലാം കേൾക്ക് എല്ലാ മീറ്റിങ്ങിലും പല കാര്യങ്ങളും എല്ലാം പറയുമല്ലോ നിങ്ങൾ ആരേലും വന്ന് ചോദിക്കുക ബ്രദർ ഈ പറയുന്നതെല്ലാം എനിക്കെല്ലാം ഒന്നും മനസ്സിലാകില്ല ഒരൊറ്റ കാര്യമൊന്നു പറഞ്ഞാൽ എന്താ എന്ന് ചോദിച്ചാൽ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ദൈവത്തോടെ വളരെ വ്യക്തിപരമായ വളരെ അടുത്ത ഒരു ഇൻറ്റിമേറ്റ് പ്യുവർ റിലേഷൻ അതാണ് പ്രധാനം ബാക്കിയൊക്കെ ബാക്കിയൊക്കെ ദൈവം തമ്പുരാ നോക്കിക്കോളൂ നമ്മളിത് പറയുമ്പോൾ നമുക്ക് പുതിയ നിയമത്തിലേക്ക് പുതിയ നിയമത്തിൽ നമ്മൾ സാധാരണ വായിക്കാറുള്ള ഒരു വാക്യത്തിലേക്ക് വരാം രണ്ട് കോരിന്തിന്യാർ പതിനൊന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇതേ കാര്യം പറയുന്നുണ്ടല്ലോ പതിനൊന്നാം അധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യം ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു പൗലോസായത് പൗലോസിനെന്താ കുരിന്തരോട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ ആളാണ് കുരിന്തരോട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾ കൂടി വരുമ്പോൾ കർത്തൃമേശം നടത്തുമ്പോൾ അങ്ങനെ ചെയ്യണം നിങ്ങൾ കാണിക്കെടുക്കുമ്പം അല്ലെങ്കിൽ പണം ശേഖരിക്കുമ്പോൾ ഇന്ന പോലെ ചെയ്യണം നിങ്ങൾ സഭ കൂടി വരുമ്പം ആരൊക്കെ സാക്ഷ്യം പറയണോ ആരൊക്കെ പ്രബോധിപ്പിക്കണം ഈ കാര്യമൊക്കെ പറഞ്ഞു ഒത്തിരി പ്രാക്ടിക്കൽ കാര്യങ്ങൾ പറഞ്ഞ മനുഷ്യനാണ് പൊരിന്തരട് പങ്കിട്ട ആളാണ് പൗലോസ് പക്ഷെ പൗലോസ് ഇവിടെ പറയുന്നു ഞാൻ സത്യത്തിൽ നിങ്ങളെക്കുറിച്ച് എല്ലാം ഓർക്കുമ്പോൾ എനിക്ക് ഒരൊറ്റ എരിവാളൂ ഒരൊറ്റ എരിവോടെ എരിയാണ് ഇതിൻ്റെ ഞാൻ ഈ പറഞ്ഞതിൻ്റെ എല്ലാം ആകെത്തുക എന്താന്ന് ചോദിച്ചാൽ എന്താ ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്നാൽ പിശാജെന്തോ ചെയ്യരുത് നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകാനിടയാകരുത് ഇതാണ് എനിക്കുള്ള എരിവ് താൻ പറഞ്ഞ ഒത്തിരി കാര്യങ്ങളെ അവസാനം ഏകോപിപ്പിച്ച് ഒരൊറ്റ കാര്യത്തെ കൊണ്ടുവന്ന് വെക്കാമോ കൊണ്ടുവന്ന് വെക്കാം പൗലോസ് പറയുക എൻ്റെ എരിവതാ എൻ്റെ എരിവതാ എന്താ അത് നിങ്ങൾക്ക് കർത്താവിനോട് ഒരു ഒരു നിർ ഒരു കന്യൈക്ക് അവളുടെ പുരുഷനോടുള്ളതുപോലെയുള്ള ഒരു സിമ്പിൾ പ്യുവർ ഡിവോഷൻ ഉണ്ടാകണം മനസ്സ് ഏകാഗ്രതയും നിർമ്മലതയും സിമ്പിൾ പ്യുവർ ഡിവോഷൻ എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ ആ ഭാഗം വായിക്കുന്നത് പ്രിയപ്പെട്ടവർ കർത്താവിനോടുള്ള നമ്മുടെ ബന്ധം ഒരു ലളിതം പക്ഷേ നിർമ്മലം ആ ഒരു ബന്ധം അതാ പ്രധാനം നിന്ന് നമ്മൾ മാറിപ്പോകാനിടയാകരുത് ഇതുണ്ടെങ്കിൽ ഈ ഒരു ബന്ധമുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ കർത്താവ് ചെയ്തോളും കർത്താവ് ചെയ്തോളും നമ്മൾ പറയും നമുക്കതുണ്ടല്ലോ പക്ഷേ പല പല പല കാര്യങ്ങൾ നമ്മൾ കർത്താവിൽ നിന്നുള്ള നമ്മുടെ ഈ ലളിതമായ നിർമ്മലമായ ഭക്തിയെ മാറ്റിക്കളയില്ലേ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ നമ്മളൊരു ഭാഗം കാണുന്നുണ്ട് കർത്താവ് കർത്താവ് മാർത്തയോടും മറിയോടും കൂടെ പറഞ്ഞ ഒരു കാര്യം പത്താമധ്യായം ലൂക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം ഇവിടെ ഇതാ നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തിരണ്ട് വാക്യങ്ങളിൽ പറയുന്നു കർത്താവ് അവളോട് മാർത്തേ മാർത്തേ നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും എന്നാൽ അല്പമേ വേണ്ടു അല്ല ഒന്നു മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു അത് ആരും അവളോട് അപഹരിക്കുകയുമില്ല ഒരു വീട്ടിൽ രണ്ട് സഹോദരിമാർ മാർത്തെയും മറി ഇതിൻ്റെ അകത്ത് കർത്താവ് പറഞ്ഞു മാർത്തയ നല്ല അംശം സോറി മറിയ ആണ് നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു നമ്മളുടനെ ഈ മറിയ തിരഞ്ഞെടുത്ത നല്ല അംശം എന്തുവാന്ന് നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ എന്താ കാണുന്നത് മറിയെന്തോ ഇതു കർത്താവിൻ്റെ കാൽക്കലിരുന്നു അവൻ്റെ വചനം കേട്ടു പ്രത്യേകിച്ചൊന്നും വലിയ കാര്യങ്ങൾ ചെയ്തില്ല മാർത്തയോ മാർത്ത ശുശ്രൂഷയിൽ വളരെ കുഴങ്ങി എന്നൊക്കെയാണ് നമ്മളവിടെ അതിൻ്റെ മറിയെക്കുറിച്ച് പറയുന്നതിൻ്റെ തൊട്ട് താഴെ മുപ്പത്തൊൻപത് നാൽപ്പത് വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു നമ്മളോട് കർത്താവ് പറഞ്ഞിട്ടുള്ളത് എന്താ കർത്താവിനോട് സിമ്പിൾ പ്യുവർ ഒരു ഡിവോഷൻ മതി മാർത്ത അതിനപ്പുറത്ത് പല കാര്യങ്ങളുണ്ടായിരുന്നു എന്താ കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ ശിഷ്യന്മാരെ ശുശ്രൂഷിക്കുക പല കാര്യങ്ങൾ പല പ്രവർത്തനങ്ങളുണ്ടായിരുന്നു പക്ഷേ കർത്താവ് പറഞ്ഞു പ്രവർത്തനത്തെക്കാളും അപ്പുറത്ത് ഞാൻ ഒരൊറ്റ കാര്യമെന്ന് പറയാമെങ്കിൽ അതേതാണ് എന്നോടുള്ള പ്യുവർ സിമ്പിൾ ഡിവോഷൻ അത് നമ്മുടെ ജീവിതത്തിൽ നാളെ നമ്മൾ ഇതുപോലൊരു തീരുമാനം എടുക്കേണ്ടി വന്നു തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ നമ്മുടെ ക്രിസ്തീയ പ്രവർത്തനങ്ങൾ ക്രിസ്തീയ പ്രവർത്തനങ്ങളെക്കാളും നമുക്കടുപ്പം ആരോടായിരിക്കണം കർത്താവിനോടായിരിക്കണം ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ അപ്പം നമ്മൾ നമുക്ക് കർത്താവിനോടുള്ള സിമ്പിൾ പ്യുവർ ഡിവോഷനെ മാറ്റിവെച്ച് ആ സ്ഥാനത്തേക്ക് ഏത് വരാം തോന്നുന്ന ക്രിസ്തീയമെന്ന് തോന്നുന്ന പ്രയോജനമെന്ന് തോന്നുന്ന മറ്റ് പല കാര്യങ്ങൾ വരാം ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയസിംഹാസനത്തിൽ നിന്ന് മാറ്റി അവിടെ നമ്മുടെ തന്നെ നല്ല പ്രവർത്തനങ്ങൾ വരാം നമ്മളെ തന്നെ നോക്കുക നമ്മൾ ഇന്നിപ്പോൾ ഉച്ച കഴിഞ്ഞ് ആ ഈ നാട്ടിൽ എല്ലാം ഈ ക ഈ സന്ദേശം അറിയാത്ത ആളുകളാണ് അവരുടെ വീടുകളിലേക്ക് പോയി നമ്മളിവരോട് സുശേഷം പറയുകയും ഇവരെ വി ബി എസ് കുഞ്ഞുങ്ങളെ ഇവിടേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് നമ്മൾ ഇന്ന് ഉച്ച കഴിഞ്ഞ് ചെയ്യുന്നത് കഴിഞ്ഞ ഞായറാഴ്ച ചെയ്തു ഇന്ന് ചെയ്തു അടുത്ത ആഴ്ച ഒരു ചെയ്യും അത് കഴിഞ്ഞ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ബി നടത്തും ഈ വി ബി എസ് കുഞ്ഞുങ്ങൾ വരുന്നു അനുഗ്രഹിക്കപ്പെടുന്നു സന്തോഷമായിട്ട് പോകുന്നു ഇതെല്ലാമുണ്ടെങ്കിലും നാളെ നമുക്കൊരു ഒരു നമ്മളൊരു പ്രശ്നത്തിന് മുമ്പാകെ വരിക നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തനം വേണോ നിങ്ങൾക്ക് കർത്താവിനോടുള്ള നിങ്ങളുടെ ആ ബന്ധം വേണോ എന്ന് വന്നാൽ നമ്മൾ കർത്താവിനോടുള്ള ബന്ധത്തിൽ ഇച്ചിരൊക്കെ ഒരു അയവ് വരുത്തിയാണെങ്കിലും പ്രവർത്തനങ്ങൾ നമ്മൾ വിട്ടുകളയല്ലേ എന്ന് കരുതിയാൽ എന്തായിപ്പോയി കർത്താവിനോടുള്ള സിമ്പിൾ പ്യുവർ ഡിവോഷൻ പോയി കർത്താവ് പറഞ്ഞിട്ടുണ്ട് എന്തുണ്ട് ഇതൊക്കെ കർത്താവ് നോക്കിക്കൊള്ളും നമ്മളോട് ഒത്തിരി കാര്യങ്ങളെല്ലാം ഈ ലോകത്തെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടില്ല നമുക്കെന്താണ് വേണ്ടത് നമുക്ക് അടിസ്ഥാനപരമായി കർത്താവിനോട് ലളിതമായ നിർമ്മലമായ ഒരു ഭക്തിയാണ് വേണ്ടത് അതിനെ തുടർന്ന് ആ ഒരാശ്രയത്വം ഉണ്ടെങ്കിൽ അതിനെ തുടർന്ന് കർത്താവ് നമ്മുടെ ജീവിതത്തിലൂടെ ചെയ്യേണ്ടത് ചെയ്തോളും ഇതിനെക്കുറിച്ചുള്ള ഒരു വലിയ ഉറപ്പ് വലിയൊരു ധൈര്യം നമ്മുടെ ജീവിതത്തിലുണ്ടാവണം കർത്താവിനോടുള്ള ഈ നിർമ്മലമായ ലളിതമായ ഭക്തിയെ മറ്റ് പല കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തനം നമ്മുടെ ബി ബി എസ് നമ്മുടെ പരിപാടികൾ ഇതുകൊണ്ട് മാറ്റിവെക്കാനിടയാകരുത് രണ്ടിലൊന്ന് എന്ന് തിരഞ്ഞെടുക്കപ്പിൻ്റെ ഒരു ഘട്ടം വന്നാൽ നമ്മൾ ഏത് തിരഞ്ഞെടുക്കണം എനിക്ക് എൻ്റെ കർത്താവ് മതി പ്രവർത്തനങ്ങളൊക്കെ അതിനൊക്കെ അപ്പുറത്താണ് അതേസമയം കർത്താവിനോടുള്ള ഭക്തിയിൽ കുറച്ചൊരു അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ചെയ്തും നമുക്ക് പ്രവർത്തനങ്ങളും നമ്മുടെ സഭയും നമ്മുടെ പ്രസ്ഥാനവും ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ എന്തായിപ്പോയി കർത്താവിനോടുള്ള ഭക്തി പോയി മാർത്തയോട് കർത്താവ് കഥ പറയുന്നു മാർത്തേ ഒത്തിരി പരിപാടി വേണ്ട മാർത്ത തെറ്റായിട്ടൊന്നും ചെയ്തില്ല മാർത്ത എന്താ ചെയ്തത് കർത്താവിനെ ശുശ്രൂഷിച്ചു കർത്താവിൻ്റെ കൂടെ വന്ന പന്ത്രണ്ട് ശിഷ്യന്മാരുണ്ട് അവർക്കൊക്കെ കർത്താവിൻ്റെ ഒരു പരിപാടിയെന്ന് വച്ചാൽ അങ്ങ് നടന്നും ഒക്കെ ആ മിഡിൽ ഈസ്റ്റിൽ അങ്ങനെ അങ്ങ് പോവുകയായിരുന്നു ഈ വന്ന ശിഷ്യന്മാർ പലരും ഭക്ഷണം കഴിക്കാത്തവരുണ്ട് ഒന്ന് കുളിക്കേണ്ടി ആവശ്യമുള്ളവരുണ്ട് അവർക്കൊക്കെ വെള്ളം കോരി ചൂടാക്കുമോ അവർക്കൊക്കെ വേണ്ടി പല ശുശ്രൂഷകൾ ചെയ്യുകൊക്കെ ആയിരിക്കും വാർത്ത ചെയ്തുകൊണ്ടിരുന്നത് അതൊക്കെ നല്ലതല്ലേ നല്ലതാണ് നല്ലതാ നല്ലതാണ് പക്ഷേ അതിൻ്റെ പേരിൽ കർത്താവിനോടുള്ള ലളിതമായ നിർമ്മലമായ ഭക്തി മാറ്റിവെക്കരുത് എന്നുള്ളതാണ് ഈ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടുന്ന പാഠം പ്രിയപ്പെട്ടവരെ ഇത് വലിയ വലിയ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വരാം നമ്മുടെ കുടുംബജീവിതം നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യം ഇതിലൊക്കെ പലപ്പോഴും മുഷിഞ്ഞു പോകാനും ഇടറിപ്പോകാനും ചിലരോട് അസൂയപ്പെട്ടു പോകാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് എന്താ സാധ്യത അവരൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നാൽ സഹോദര സഹോദരി നീ ഒരു കാര്യം ചെയ്യും നീ കർത്താവിലെ ഒരു ലളിതവും നിർമ്മലവുമായ ഒരു ഭക്തിയോടെ കർത്താവിലാശ്രയിച്ച് നിൽക്കുക അവനിൽ ശരണപ്പെടുക അവനിൽ ആശ്രയിക്കുക അവൻ നിൻ്റെ വഴികളെ നിവർത്തിച്ചു തരും നമ്മൾ ആ സങ്കീർത്തനത്തിൽ അങ്ങനെയാണ് വായിച്ചത് മുപ്പത്തേഴാമത്തെ സങ്കീർത്തനത്തിൽ ആ ഒരു കാര്യത്തെ കർത്താവിനോടുള്ള ആ ഒരു ബന്ധത്തെ മാറ്റിവെച്ച് മറ്റൊരു കാര്യത്തിനും പോകല്ലേ മറ്റൊരു കാര്യത്തിനും പോകല്ലേ ഇന്ന് നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളികളെന്നും പരീക്ഷകളെന്നും പറയുന്നത് എന്താ കർത്താവിനോടുള്ള ഈ ലളിതമായ ഭക്തിയെ മാറ്റിവെച്ച് ആ സ്ഥാനത്ത് മറ്റു പലതും മറ്റു പലതിനോടും സഖ്യം ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ പോകാനിടയാകരുത് ഞാൻ കഴിഞ്ഞ ദിവസം രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്ന് ഒരു കാര്യം കാണാനിടയായി അതുകൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം ഒന്ന് രാജാക്കന്മാരിൽ ഒന്ന് രാജാക്കന്മാരിൽ നമ്മൾ അതിൻ്റെ രണ്ടാമധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു കൊച്ചു പ്രയോഗം യോവാബിനെ കുറിച്ച് യോവാബ് യോവാബ് എന്ന് പറയുന്ന ആരാന്നറിയാമോ യോവാബ് എന്ന് പറയുന്നത് ദാവീതിൻ്റെ ദാവീദിൻ്റെ മന്ത് മന്ത്രിയായിരുന്നു യോവാബ് ആ യോവാബ് ഒടുവിൽ എന്തു ചെയ്തു ശലോമോൻ വന്നപ്പം ശലോമോനാൽ കൊല്ലപ്പെടുകയും നഷ്ടപ്പെട്ടു പോവുകയും ഒക്കെ ചെയ്യുന്നതാണ് നമ്മളിവിടെ കാണുന്നത് അവിടെ യോവാബിനെ പറയുന്ന ഒരു കാര്യമാണ് അതിൻ്റെ ഇരുപത്തി രണ്ടാമധ്യായം ഒന്ന് രാജാക്കന്മാർ രണ്ടാമധ്യായം അതിൻ്റെ ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിൽ കാണുന്നത് യോവാബ് അബ്ശാലോമിൻ്റെ പക്ഷം ചേർന്നിരുന്നില്ലെങ്കിലും ആധോനിയാവിൻ്റെ പക്ഷം ചേർന്നിരുന്നു കണ്ടോ നിങ്ങൾ നമ്മളിവിടെ പലപ്പോഴും ഈ പഴയ നിയമം അത്രത്തോളം പറയാത്തോണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ ആളുകൾക്കൊക്കെ ഈ ചരിത്രവും കഥയും ഒക്കെ എത്രത്തോളം അറിയാമെന്ന് എനിക്കറിഞ്ഞുകൂടാ ഈ സൺഡേ സ്കൂളിലൊക്കെ എന്താ പഠിപ്പിക്കുന്നതെന്ന് സത്യത്തെ എനിക്കറിഞ്ഞുകൂടാ ഈ പഴയ കഥകളൊന്നും നമ്മുടേതല്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കുകയല്ല വേണ്ടത് ഇതെല്ലാം പഠിക്കണം പഠിക്കണം ഇതിൻ്റെ മേലിലാണ് നമ്മൾ ഈ പറയുന്ന വലിയ കാര്യങ്ങളെല്ലാം ഈ പറയേണ്ടത് ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ അതോനിയാവാര അബ്ശാലോ ആ ദാവീദിൻ്റെ രണ്ട് മക്കളാ ആ കൂട്ടത്തിൽ അബ്ശാലോ ആണോ കൊള്ളാവുന്ന ആള് അദോനിയാവാണോ കൊള്ളാവുന്ന ആള് അപ്ശാലോ കൊള്ളാവുന്ന ആള് അപ്ശാലോമിനെക്കുറിച്ച് പറഞ്ഞേക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ വായിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും നമ്മൾ ദാവീദിൻ്റെ ജീവിത കാലഘട്ടത്തിൽ ദാവീദിനെതിരെ അബ്ശാലോ കാലഘട്ടത്തെക്കുറിച്ചൊക്കെ നമുക്ക് രണ്ട് ശമുഖയിൽ പതിനാല് പതിനഞ്ച് പതിനാറ് അധ്യായങ്ങളിലൊക്കെ നമുക്ക് വായിക്കാനായിട്ട് കഴിയും എന്നാൽ അബ്ശാലോമിനെക്കുറിച്ച് പറഞ്ഞേക്കുന്ന ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചോ ചെറുപ്പക്കാർ പ്രത്യേകിച്ചും ഉറക്കമൊക്കെ വിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് എൻ്റെ പതിനാലിൻ്റെ ഇരുപത്തഞ്ച് ഇരുപത്താറ് വാക്യത്തിൽ അബ്ശാലോമിനെക്കുറിച്ച് പറയുക അബ്ശാലോമിനെക്കുറിച്ച് പറയുന്നത് എന്താ എന്നാൽ എല്ലാ ഇസ്രായേലിലും സൗന്ദര്യം കൊണ്ട് അബ്ഷാവലോമിനോളം ശ്ലാഖ്യനായ ഒരുത്തനും ഉണ്ടായിരുന്നില്ല അടി തൊട്ട് മുടി വരെ അവൻ ഒരു ഊനവും ഇല്ലായിരുന്നു അവൻ തൻ്റെ തലമുടി ആണ്ടുതോറും കത്തിരിപ്പിച്ചു കളയും അത് തനിക്ക് ഭാരമായിരിക്കാൽ അത്രയെ കത്തിരിപ്പിച്ചത് അവൻ്റെ തലമുടി കത്തിരിച്ചാൽ രാജതൂക്കത്തിന് ഇരുന്നൂറ് ശേക്കൽ കാണും മനസ്സിലായോ ഞാൻ ചിലപ്പോൾ ഈ ബൈബിൾ വായിച്ച് ചില ഭാഗങ്ങളൊക്കെ വായിച്ച് ചിരിക്കാറുണ്ട് നിങ്ങൾക്കാർക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ലെന്നായിരിക്കുന്നു പ്രിയപ്പെട്ടവർ നോക്കും ഒരു ചെറുപ്പക്കാരെ അബ്ശാലും ഇവൻ എന്താ ഇവൻ സുന്ദരൻ അടി മുതൽ മുടി വരെ ഒരു ഊനവുമില്ല കോമള ഒരുവൻ അവൻ്റെ മുടിയോ മുടി ആണ്ടിലൊരിക്കലേ വെട്ടിക്കുകയുള്ളൂ വെട്ടിക്കുമ്പം ഇരുന്നൂറ് ശേക്കൽ ഇരുന്നൂറ് ശേക്കൽ രാജദൂക്കത്തിന് ഇരുന്നൂറ് ശേക്കൽ കാണും അത്ര മുടിയൊക്കെയുള്ള വളരെ ഏ ആണ്ടിലൊരിക്കലേ വെട്ടിക്കുകയുള്ളു അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് നിങ്ങളൊന്ന് ഒന്ന് ഭാവന ചെയ്തു നോക്കി ആര് ഒരായിരം പേര് നിന്നാലും ആളുകൾ ശ്രദ്ധിച്ചു പോകുന്ന ഒരാൾ അത്ര സുന്ദരൻ അബ്ശാലോ ഈ അബ്ശാലോം ഒരിക്കൽ എന്തോ ചെയ്തു ദാവീദ് രാജാവിനെതിരെ എതിരായിട്ട് നിന്നു നിന്നപ്പം ദാവീദ് രാജാവിൻ്റെ മന്ത്രിയോ അബ് എന്തോ ചെയ്തു അബ്ശാലോമിൻ്റെ കൂടെ കൂടിയില്ല സാധാരണ ആരും അംശാലോമിൻ്റെ കൂടെ കൂടും കാര്യം പുള്ളിയെ കണ്ടാൽ തന്നെ കൊള്ളാം ഏ ഇത്രയും ആൾ ആണ്ടിലൊരിക്കൽ മുടി പൊട്ടി മുടിയില്ലാത്തതുകൊണ്ടല്ല എനിക്ക് അബ്ശാലോവിനോടൊരു അസൂയുള്ളതുകൊണ്ടല്ല ഞാൻ ഈ ചരിത്രങ്ങളൊക്കെ പറയുന്നത് ഈ അവസാനം അബ്ശാലോവിൻ്റെ മുടി തന്നെ അവൻ എന്ത് പറ്റി രണ്ട് ഷമുലിലേക്ക് വരുമ്പോൾ നമുക്കറിയാമല്ലോ അതിൻ്റെ രണ്ട് ഷമുഖിൽ പതിനെട്ടിൻ്റെ പതിനെട്ടിൻ്റെ ഒമ്പത് കണ്ടോ അവസാനം ഈ അബ്ശാലോം ദാവീതിൻ്റെ മുമ്പിൽ ഓടി പോകുമ്പം അവൻ്റെ ഈ പ്രശംസയായിരുന്ന മുടി തന്നെ കരിവേലകത്തിൽ കരുവേലകത്തിൽ കൊമ്പേൽ തങ്ങി നിന്നു അവൻ ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൂങ്ങി നിന്നു യോവാബ് എന്ന് അവനെ കുത്തിക്കൊന്നു ഏഹ് പതിനെട്ടിൻ്റെ ഒൻപത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയുള്ള മനുഷ്യൻ ഈ യോവാബ് അബ്ശാലോമിൻ്റെ കൂടെ കൂടേണ്ടതായിരുന്നു അത്ര എത്ര പേര് അഹിതോഹേൽ പോലുള്ള മന്ത്രിയൊക്കെ ആരുടെ കൂടെ കൂടി അബ്ശാലോമിൻ്റെ കൂടെ കൂടി യോവാബും കൂടേണ്ടതായിരുന്നു കാരണം അട്രാക്റ്റീവായ ഒരാളാണ് ഈ അബ്ശാലും പക്ഷേ യോവാബിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത് എന്താ നമ്മൾ രണ്ട് രാജാക്കന്മാരിൽ വായി ഒന്ന് രാജാക്കന്മാരിൽ നമ്മൾ രണ്ടാമധ്യായത്തിൻ്റെ ഇരുപത്തെട്ടിൽ വായിച്ചതെന്താ യോവാബ് അബ്ശാലോമിൻ്റെ പക്ഷം ചേർന്നില്ല പക്ഷേ യോവാബ് അവസാനം വരെ ദാവീതിൻ്റെ കൂടെ നിന്നോ ഇല്ല ഇല്ല ഒടുവിൽ എന്തോ പറ്റി ഒടുവിൽ ചെന്ന് അതോനിയാവ് എന്ന് പറഞ്ഞ് മറ്റൊരു ദാവീദിൻ്റെ മകൻ അവനാണെങ്കിൽ നമുക്കാർക്കും ഒരു മതിപ്പ് തോന്നുന്ന ആളല്ല കാഴ്ചയ്ക്ക് സുന്ദരനാണെന്ന് പറഞ്ഞിട്ടില്ല മുടിയുടെ തൂക്കമൊന്നും പറഞ്ഞിട്ടില്ല അവൻ്റെ പെരുമാറ്റം നിങ്ങൾ വായിച്ചു നോക്കിയാൽ അവൻ ഒരു ഫീരുവിനെ പോലെയാണ് പ്രവർത്തിക്കുന്നത് ഒരു ആളുകൾക്ക് ആർക്കും ഒരു താല്പര്യം തോന്നാത്ത ഒരാളാണ് അധോജിയാവ് അബ്ശാലോമിനോടാണ് താല്പര്യം തോന്നേണ്ടത് പക്ഷേ യോവാബ് എന്തോ ചെയ്തു അപ്ഷാലോമിനോട് താല്പര്യം തോന്നാതെ ദാവീദിനോട് തന്നെ പറ്റി നിന്നു എന്നാൽ അങ്ങനെ പറ്റി നിന്ന യോവാബിന് ഒടുവിൽ അതിനേക്കാളും വളരെ വളരെ വളരെ മോശപ്പെട്ട ഒരു ആളിനോട് അദോനിയാവിൻ്റെ പക്ഷം ചേർന്ന് യോവാബ് എന്തായിപ്പോയി നഷ്ടമായി പോയി നഷ്ടമായി പോയി പ്രിയപ്പെട്ടവരെ അവിടെ പരിശുദ്ധാത്മാവ് വ്യസനത്തോടെ രേഖപ്പെടുത്തിരിക്കുക യോവാബ് അബ്ശാലോമിൻ്റെ പക്ഷം ചേർന്നിരുന്നില്ലെങ്കിലും അദോനിയാവിൻ്റെ പക്ഷം ചേർന്നിരുന്നു നമ്മൾ ചിലപ്പം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ വലിയ വലിയ പരീക്ഷകളെ അതിജീവിക്കും അബ്ശാലോം പോലൊക്കെയുള്ള ആളുകളുടെ കൂടെ കൂടാതെ കർത്താവിന് വേണ്ടി നിന്നയും കഷ്ടതയും എടുത്ത് കർത്താവിന് വേണ്ടി നിൽക്കും നമ്മൾ ഓർക്കുന്നില്ലേ നമ്മൾ നമ്മുടെ ആ വീട് വിട്ടുപോരാന് നേരത്തെ അപ്പം പറഞ്ഞു എടാ നീ ഇതിന് പോയാൽ എന്തുയില്ല എൻ്റെ സ്വത്തൊന്നും നിനക്കില്ല നമ്മൾ പറഞ്ഞു സ്വത്തവും അതൊക്കെ നിസാരം എന്ന് പറഞ്ഞ് നമ്മൾ വലിയ ധീരരായിട്ട് കർത്താവിന് വേണ്ടി ഒരു നിലപാടെടുത്ത് സഭയിലേക്ക് വന്നു ആഫ്ശാലോമിൻ്റെ പക്ഷം ചേർന്നില്ല പക്ഷേ അതുകൊണ്ട് സഹോദര സഹോദരി നീ ഞാനും അതോനിയാവിൻ്റെ പക്ഷം ചേരാനുള്ള ഒരു അപകടത്തിൽ നിന്ന് നമ്മൾ സംരക്ഷിതരാണ് എന്ന് കരുതരുത് ഇതിനേക്കാൾ ഒരു കൊച്ചു കാര്യം ചിലപ്പം നമ്മളെ വീഴ്ത്തിക്കളി ഞാനാ പറയാൻ വന്നത് മനസ്സിലായോ കർത്താവിനോടുള്ള ലളിതമായ നിർമ്മലമായ ഭക്തിയിൽ നിന്ന് നമ്മളെ വീഴ്ത്തിക്കളയുന്നത് ചിലപ്പം വലിയ കാര്യങ്ങളായിരിക്കുകയില്ല കൊച്ചു ചില കാര്യങ്ങളായിരിക്കും അതോനിയാവിൻ്റെ പക്ഷം ചേരേണ്ട ഒരു കാര്യവും യുവാബിനില്ലായിരുന്നു പക്ഷേ യുവാബ് നഷ്ടപ്പെട്ടു പോയി അതോനിയാവിൻ്റെ പക്ഷം ചേർന്നു പോയി നമ്മളും അബ്ശാലോമിനെ ജയിക്കുന്ന നമ്മൾ ചിലപ്പോൾ കൊച്ചു കാര്യങ്ങളിൽ കർത്താവുമായിട്ടുള്ള ആ ബന്ധത്തിൽ നിന്ന് മാറിപ്പോകാം നമ്മൾ കർത്താവിന് വേണ്ടി നിലപാടെടുത്തു കർത്താവിനായിട്ട് ബന്ധങ്ങളെയൊക്കെ വിട്ടു നമ്മളവിടൊക്കെ കർത്താവിന് വേണ്ടി നിന്നു പക്ഷേ പക്ഷേ മുന്നോട്ട് പോകുമ്പം കൊച്ചു കാര്യം സഭയിലും വന്നു സഭ വന്നു കഴിഞ്ഞ് വേറെ അടുത്തിരിക്കുന്ന സഹോദരനോടൊരു കൊച്ചു നീരസം ഏ അല്ലെങ്കിൽ വേറൊരാളോട് വേറൊരു കൊച്ചുകാര്യം ഇങ്ങനെയൊക്കെ വന്ന് നമ്മളെ പിശാജ് ആഗ്രഹിക്കുന്നത് എന്താ കർത്താവിനോടുള്ള നമ്മുടെ നിർമ്മലമായ ഭക്തി അന്ത്യം വരെ നമ്മൾ നിലനിർത്തരുത് നമ്മളെങ്ങനേലും വീണ് പോകണം എന്നുള്ളതേ പിശാചിൻ്റെ താല്പര്യമുള്ളൂ അതിനുവേണ്ടി വലിയ അബ്ശാലോമനെ പോലുള്ള വലിയ പ്രലോഭനം കൊണ്ടുവരണമെന്നില്ല കൊച്ചുകാര്യം ഒരു മുഷിവ് ഒരു നീരസം ഒരു അസൂയ ഈ കൊച്ചുകാരി ഈ കൊച്ച് അധോനിയാവിൻ്റെ പക്ഷം നമ്മൾ ചിലപ്പോഴങ്ങ് ചേർന്ന് പോകും നമ്മുടെ വിരുദ് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ജാഗ്രതയുള്ളവരായിട്ടിരിക്കാം വലിയ ചില ആളുകൾ ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ വലിയ ആളുകൾ ഏ ആറടിപ്പൊക്കം വലിയ തൂക്കമൊക്കെയുള്ള ആളുകൾ വലിയ നെഞ്ചിയാളൊക്കെയുള്ള ആളുകൾ അവരിങ്ങനെ നടന്നു പോകുമ്പോൾ ചിലപ്പോൾ കാണാം എന്താ വീണു വീണു എവിടെ വീണത് ഇദ്ദേഹത്തെ വീഴ്ത്തിയത് എന്താ വലിയ എന്തോ സാധനമായിരിക്കും ഇദ്ദേഹത്തെ വീഴ്ത്തിയതെന്ന് വിചാരിച്ച് നമ്മൾ ചെന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ എന്തുവാ ഒരു പഴുത്തൊലിയെ ചവിട്ടിയാണ് വീണത് അയ്യോ പഴുത്തൊലി പഴുത്തൊലി വലിയ കാര്യമാണെന്നു അല്ല സഹോദരൻ നീ കൈകാര്യം ചെയ്യാത്ത നിൻ്റെ ചില നീ ഗൗരവമായിട്ട് എടുക്കാത്ത നിൻ്റെ ചില ഹാബിറ്റുകൾ ചില മോശപ്പെട്ട ചില കുഴപ്പം വരാവുന്ന ചില ഹാബിറ്റുകൾ ചില പരിചയങ്ങൾ ചില ബന്ധങ്ങൾ അതൊന്നും സാരമില്ല സാരമില്ല എന്ന് പറയില്ലേ യോവാവിനെ പോലെ ഒരാൾ അബ്ശാലോവിൻ്റെ പക്ഷം ചേർന്നില്ലെങ്കിലും അതോനിയാവിൻ്റെ പക്ഷം ചേർന്ന് നല്ല ദാവീതിൽ നിന്ന് വീണുപോയി ദാവീതിനെ വിട്ടുപോയി നമുക്കങ്ങനെ വരാം മറ്റൊരാളോടുള്ള ദുഷ് ഇവിടെ കണ്ടോ ദുഷ്പ്രവൃത്തിക്കാരോട് നീരസപ്പെടേണ്ട ഒരു കാര്യവുമില്ല നമ്മുടെ നമ്മളായിരിക്കുന്ന ഓഫീസിൽ തന്നെ നമ്മളെക്കാൾ മോശക്കാരനായ ഒരാൾ അല്ലെങ്കിൽ നമ്മളെക്കാൾ കഴിവില്ലാത്ത ഒരാൾ അദ്ദേഹം ചെന്ന് മേലധികാരിയോടോരോന്നൊക്കെ പറഞ്ഞു ഒക്കെ അവസാനം നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന പ്രമോഷൻ അദ്ദേഹം കൊണ്ടുപോയി അദ്ദേഹത്തിന് കിട്ടി നമ്മളെന്തോ വേണം നമ്മൾ പറയോ കർത്താവേ ഞാൻ നിൻ്റെ മകനായിട്ട് ഇങ്ങനെയൊക്കെ ഇരുന്നിട്ട് എനിക്കത് കിട്ടിയില്ലല്ലോ എല്ലാം കൊണ്ടും കിട്ടാനുള്ള അർഹത എനിക്കായിരുന്നല്ലോ എന്ന് വിചാരിച്ച് നീ ഇരിക്കുമ്പോൾ എന്തോ വേണം മുപ്പത്തേഴാമത്തെ സങ്കീർത്തനം എടുത്ത് വായിച്ചു നോക്കണം എന്തോ ദുഷ്പ്രവൃത്തിക്കാരനെ നിമിത്തം നീ മുഷിയരുത് അവനതു കൊണ്ടുപോയെന്നും പറഞ്ഞ് അവനോട് നീരസപ്പെട്ട് അവനോട് മുഷിഞ്ഞ് അവനോട് അസൂയപ്പെട്ട് അവനോട് കയ്പ്പ് ഹൃദയത്തിൽ വന്നാൽ അത് മതി നീ വീണു പോകാൻ നമുക്ക് ദൈവത്തോടുള്ള ആ സ്പർശത നഷ്ടപ്പെട്ടു പോകാൻ എന്തു മതി കൊച്ചു കാര്യങ്ങൾ മതി നമ്മുടെ ബന്ധുക്കളോട് നമ്മൾ സൂക്ഷിക്കുന്ന ഒരു കയ്പ്പ് നമ്മൾ ക്ഷമിക്കാത്ത ഒരു മനോഭാവം നമ്മുടെ നമ്മുടേത് തന്നെയായ ചില ചില ആത്മപ്രശംസകൾ പ്രിയപ്പെട്ടവർ അതൊക്കെ അതൊക്കെ പഴുത്തൊലി പോലുള്ള കാര്യങ്ങളാണ് പക്ഷേ പഴുത്തൊലിയെ ചവിട്ടി ആളുകൾ വീണിട്ടുണ്ട് വീണിട്ടുണ്ട് വീണിട്ടുണ്ട് നമുക്കെന്ത് വേണം കർത്താവിനോടുള്ള സിമ്പിൾ പ്യുവർ ഡിവോഷൻ അവസാനം വരെ നമുക്ക് സൂക്ഷിക്കണം അങ്ങനെ സൂക്ഷിച്ച് നമ്മൾ നിൽക്കുമ്പം നമ്മൾ പതുക്കെ നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസിയെ കൈവശമാക്കാൻ തുടങ്ങും ആ ഭൂമിയെ കൈവശമാക്കാൻ തുടങ്ങും നമ്മൾ വലിയ കാര്യമൊന്നും ചെയ്തില്ല ഞാൻ കഴിഞ്ഞ ദിവസം ഓസവാൾ ചേമ്പേഴ്സ് എന്ന് പറഞ്ഞ് ദേവദാസനെക്കുറിച്ച് വായിക്കാനായിട്ടിടേ ഓസ്വാൾ ചേമ്പേഴ്സ് എന്ന് പറയുന്ന ദേവദാസൻ ഇന്ന് ക്രിസ്തീയ ലോകത്ത് ഏറ്റവും വളരെ ആദരിക്കപ്പെടുന്ന ആളാണ് വളരെ ആത്മീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിൻ്റെ നമ്മളിപ്പോൾ പറയുന്ന പോലെയുള്ള പല കാര്യങ്ങൾ കണ്ടെത്തി ആ തലമുറകൾക്ക് വേണ്ടി എഴുതിയൊക്കെ വെച്ച ആളാണ് ഞാൻ വിചാരിച്ചു ചേട്ടാ ഈ മനുഷ്യനെ ഇതൊക്കെ എഴുതി വെച്ചല്ലോ ഇദ്ദേഹം ഏതോ വലിയ ആ കാലഘട്ടത്തിൽ അതിനൊക്കെയുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഓസ്വാൾ ചേമ്പേഴ്സിൻ്റെ ജീവചരിത്രം എടുത്ത് വായിച്ചു നോക്കുമ്പോൾ നമ്മളെന്താ കാണുന്നതെന്നറിയാം അദ്ദേഹം ഒരു അപ്രസക്തമായ ഒരു ക്രിസ്തീയ പ്രവർത്തനം ചെയ്തിങ്ങനെ ജീവിച്ചു ജീവിച്ച കാലത്ത് എന്ത് ചെയ്തു ജീവിച്ച കാലത്ത് ഒരു സഭ ഒരു സഭ ഇദ്ദേഹത്തിന് ഈ ആത്മീയകാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള നല്ല ബോധ്യങ്ങൾ ഉണ്ടായിട്ടും അതൊന്നും എഴുതി വെക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല ഇവർ ഭാര്യയും ഭർത്താവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു നല്ല സഹോദരിയായിരുന്നു അവർ രണ്ടുപേരും കൂടെ കുറച്ച് വർഷങ്ങളെ ഒന്നിച്ച് ജീവിക്കാൻ കഴിഞ്ഞുള്ളൂ എങ്കിൽ ഒന്നിച്ച് ജീവിച്ചപ്പം അവർ ആ ഒരു സഭയിൽ ഒരു ബൈബിൾ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു ബൈബിൾ ക്ലാസ് എടുക്കുന്നത് ഈ ബൈബിൾ ക്ലാസ്സിൽ ഓസ്വേൾ ചേമ്പേഴ്സ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയായ സഹോദരി ഇവർ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഈ ചുരുക്കഴുത്ത് പഠിച്ചിരുന്നു ഷോർട്ട് ടൈപ്പ് ടൈപ്പ് റൈറ്റിങ്ങും പഠിച്ചിരുന്നു അതുകൊണ്ട് ഈ ഭർത്താവ് പറയുന്നതൊക്കെ അവരെന്ത ചെയ്തിരുന്നു അവർ രേഖപ്പെടുത്തിയൊക്കെ വെച്ചിരുന്നു രേഖപ്പെടുത്തി വെച്ചു ഇവരുടെ വിവാഹ ജീവിതം ചുരുങ്ങിയ പത്തോ പതിനഞ്ചോ വർഷങ്ങളെ നീണ്ടു നിന്നുള്ളൂ അത് കഴിഞ്ഞ് ഇദ്ദേഹം ഓസ്വാൾ ചേമ്പേഴ്സ് മരിച്ചുപോയി മരിച്ചുപോയി കഴിഞ്ഞ് കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ഈ സഹോദരി ആദ്യത്തെ വിഷമമൊക്കെ തീർന്നിട്ട് വീട്ടിൽ ചെന്നിരുന്നവരൊന്ന് തപ്പിയെടുത്തപ്പം ഉണ്ട് ഭർത്താവ് പണ്ട് പറഞ്ഞാൽ കുറിച്ചെടുത്ത ചില കാര്യങ്ങളൊക്കെ ഇരിക്കുന്നു അതൊക്കെ ആ സഹോദരി ഡെവലപ്പ് ചെയ്ത് എടുത്ത് അവരെ പ്രസിദ്ധീകരിക്കാനായിട്ട് തുടങ്ങി പ്രസിദ്ധീകരിക്കാനായിട്ട് അങ്ങനെയാണ് ഓസ്വാൾ ചേമ്പേഴ്സിൻ്റേതായ എഴുത്തുകൾ ഇന്ന് നമുക്ക് കിട്ടിയത് ഓസ്വാൾ ചേമ്പേഴ്സ് മരിക്കുമ്പം നമ്മൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് നിന്ന് ചോദിക്കുകയെന്നിരിക്കട്ടെ ഓസ്വാൾ ചേമ്പേഴ്സ് നിങ്ങൾ എന്തോ ചെയ്തു ഞാനൊന്നും ചെയ്തില്ല ഒരു സ്കൂൾ ഒരിടത്ത് ഒരു സഭയിൽ കുറച്ച് നാൾ ബൈബിൾ ക്ലാസ് നടത്തി അവിടെ ബ്രിട്ടീഷുകാരുടെ സൈന്യത്തിലെ ചാപ്ലൈനായിട്ട് കുറച്ച് നാൾ സേവനം സേവനമനുഷ്ഠിച്ചു കാണാവുന്ന ഒരു പ്രവർത്തനവും അദ്ദേഹത്തിൽ നിന്നുണ്ടായില്ല അദ്ദേഹത്തിൻ്റെ ജീവിതം ഒന്നും അറിയാതെ നമ്മൾ പലപ്പോഴും പറയുന്ന പോലെ മറിയേ പോലെ കർത്താവിൻ്റെ പാദത്തിൽ തകർന്ന് അങ്ങനെ അങ്ങ് ഒഴിക്കപ്പെട്ട് ഒന്നും ശ്രദ്ധിക്കപ്പെടാതെ അങ്ങ് പോകും എന്നാണ് അദ്ദേഹം പോലും കരുതിയിരിക്കുക അദ്ദേഹം മരിക്കുമ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു ദൈവം ഈ കാര്യങ്ങൾ ഇന്ന് തലമുറകൾ ഇന്ന് നൂറ്റാണ്ടുകൾക്ക് ശേഷവും നമ്മൾ ഓസാൽ ചേമ്പേഴ്സിനെ ബഹുമാനിക്കത്തക്കവണ്ണം ഈ കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കാൻ ദൈവം ഇടയാക്കി വാച്ച് മന്നി എന്ന് പറയുന്ന ദൈവദാസൻ ചൈനയിൽ ജീവിച്ചിരുന്ന ഒരു ദൈവദാസനാണ് അദ്ദേഹം ഇന്ന് നമ്മൾ ഈ പറയുന്ന പുസ്തകങ്ങളൊന്നും അദ്ദേഹം ആ നിലയിൽ പുസ്തകമാകുമെന്നോ ഇങ്ങനെ വരുമെന്നോ അറിഞ്ഞില്ല അദ്ദേഹം ജയിലിൽ നിന്ന് ജയിലിൽ കിടന്ന് അവസാനം മരിക്കുമ്പം തൻ്റെ ജീവിതം ഒന്നും അല്ലാതായി തീർന്ന് ഒന്നുമില്ലാതായി തീർന്ന് നഷ്ടമായി പോയി എന്നായിരിക്കാം അദ്ദേഹം വിചാരിച്ചിരിക്കുക പക്ഷേ ദൈവം എന്തോ ചെയ്തു അദ്ദേഹം പണ്ട് പറഞ്ഞ കാര്യങ്ങൾ ചിലരെ രേഖപ്പെടുത്തിയതിൽ നിന്നൊക്കെ ആ ഈ പുസ്തകങ്ങളായിട്ട് ഡെവലപ്പ് ചെയ്ത് ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവരെ സക്സസ് ക്രിസ്തീയ ജീവിതത്തിന്റെ സക്സസ് അതിനുവേണ്ടി നമ്മൾ എന്തു ചെയ്യരുത് കർത്താവിനോടുള്ള നിർമ്മലമായ ഏകാഗ്രമായ ഭക്തി നഷ്ടപ്പെടുത്തി കളയരുത് ചിലര് വിചാരിക്കുക എനിക്കുള്ള കഴിവൊക്കെ വെച്ച് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ് മലതിൻ്റെ പുറകെ അതോനിയാവിൻ്റെയൊക്കെ പുറകെ നീ ഓടിപ്പോയേച്ച് അവസാനം ദാവിദിനെ ഒറ്റ കൊടുക്കാനിടയാകല്ലേ ദാവീദിനെ വിട്ടുപോകാനിടയാകല്ലേ പ്രിയപ്പെട്ടവരെ കർത്താവിനോടുള്ള ഒരു സിമ്പിൾ പ്യുവർ ഡിവോഷൻ നിലനിർത്തുക കുടുംബജീവിതത്തിൽ മുഷിച്ചു പോകാതിരിക്കുക ആളുകളോടുള്ള ബന്ധത്തിൽ ഇടറിപ്പോകാതിരിക്കുക അങ്ങനെ നമ്മൾ നമ്മുടെ ആ നിലയിൽ ദൈവത്തോടുള്ള ഒരു ലളിതവും നിർമ്മലവുമായ ഒരു ഭക്തി പിടിച്ചുകൊണ്ടാൽ പതുക്കെ നമുക്ക് എന്ത് ചെയ്യാനൊക്കെ ഈ ഭൂമിയെ അവകാശമാക്കാനൊക്കും ഭൂമിയെ കൈവശമാക്കാനൊക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്ത് ചിലപ്പം ദൈവം ഓസ്വാൾ ചേമ്പേഴ്സിനെ കൊണ്ടും വാച്ച്മാൻ നീയെ കൊണ്ടും പോലെ ഭൂമിയെ മുഴുവൻ അക്ഷരാർത്ഥത്തിൽ തന്നെ അവകാശമാക്കുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ വന്നു കൂടുന്നില്ല ഹിതം നീ എന്താണ് വേണ്ടത് നമുക്ക് ആവാക്യം വീണ്ടും വായിക്കുക അവനിൽ തന്നെ രസിച്ചുകൊള്ളുക അവനിൽ തന്നെ രസിച്ചു കൊള്ളുക നമുക്ക് ദൈവസ്ഥാനത്തിൽ എഴുന്നേറ്റ് നിൽക്കുകയും